us <laughs> ർഥം എന്ന ജാനാമി ഇത്യാദി വ്യവഹാരോ അത്യന്ത സുഷുപ്തേവ അസംഭാവ്യമാനോ അതിരിതമേവീ വിവരണകാലം പറയുന്നത് അർത്ഥാപത്തി പ്രമാണോ ജാനാമി എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരാൾ പറയുമ്പോൾ എന്തറിവിനെ ആശ്രയിച്ചാണ് അയാൾ പറയുന്നത് ആ അറിവിനെക്കുറിച്ച് എന്ത് ചെയ്യുമ്പോൾ വിഷയത്തെ സംബന്ധിച്ചുള്ള തൊതുക്തം എന്ന് പറയുന്നതാണ് പ്രശ്നം നീ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥത്തെക്കുറിച്ചുള്ള അറിവിനെ അംഗീകരിക്കുകയാണ് നീ പറയുന്നയാൾ നാനാമി എന്ന് പറയുമ്പോൾ എന്താണ് അറിവില്ലായ്മ അംഗീകരിക്കുകയാണ് അപ്പൊ അറിവും അറിവില്ലായ്മയുമായിട്ട് ഇതിനെടുക്കാൻ പറ്റത്തില്ല അറിവിന് നേരെ വിപരീതമാണ് അറിവിന്റെ അഭാവം അപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് അതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒരേ അർത്ഥം തന്നെ ജ്ഞാതവും അജ്ഞാതവും ഒരു സമയം പറയാൻ പറ്റില്ല രണ്ട് സമയം പറയാം മുമ്പ് അജ്ഞാതമായൊരു നിപ്പജ്ഞാതം എന്ന് പറയും അങ്ങനെയല്ല ജ്ഞാതവും അജ്ഞാതവും പറയാൻ പറ്റില്ല എന്നാൽ ന ജാനാമി എന്ന് പറയുന്നത് അജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഈ ന ജാനാമി എന്ന് പറയുന്ന അജ്ഞാനം അറിവിന്റെ അഭാവമല്ല അതെന്താണ് അഭാവവിലായ ഭാവരൂപജ്ഞാനമാണ് ന ജാനാമി എന്ന് പറഞ്ഞാൽ എന്താണ് അഹം ന ജാനാമി എന്നാണ് അപ്പൊ അജ്ഞാനം ഇവിടെ സാക്ഷി ഇരിക്കഹമ്മ ജാനാമിന്നല് പറയുന്നത് അപ്പം സാക്ഷിയാണ് ഈ അജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത് അത് അഭാവവിലായ ഒന്നാണെന്നുള്ള ഒരു തർക്കം ഇതിൽ പിന്നെ എന്തൊക്കെ യുക്തിയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇനി അവസാനം പരിശോധിക്കുന്നു ഇവിടെ സിദ്ധാന്ത ഭാഗം കഴിയുമ്പോൾ അവിടെ കൂടുതൽ വിശദീകരിക്കും തൽക്കാല വിധ എന്താണെന്ന് മനസ്സിലാക്കി ഇത് പലർക്കും പറ്റുന്നത് ഈ തൊതുവമർത്ഥം സംഖ്യാവ ശാസ്ത്രാർത്ഥം വ എന്നാ ജാനാമി എന്നാണ് വേറെ കാലം പറഞ്ഞിരിക്കുന്നത് ഈ എന്താ ഇവിടെ പറയുന്നതെന്ന് തന്നെ മനസ്സിലാകില്ല പലർക്കും അത് മനസ്സിലാകാത്തോണ്ടാണെന്ന് പറഞ്ഞത് മീഭൂൾ ഗയാന്ന് പറഞ്ഞത് അത് ഇതുമായിട്ട് ബന്ധമില്ല മറവിയല്ല ഇവിടെ പറയുന്ന അറിവില്ലായ്മയാണ് മറവി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കൽ അറിഞ്ഞിട്ട് മുമ്പറിഞ്ഞിട്ട് ഇപ്പോ മറക്കുന്നു അത് ഇതുമായിട്ട് ബന്ധമുണ്ട് ഇവിടെ എന്താണ് ഒരു സമയം തന്നെ അറിയുകയും അറിയാതിരിക്കുകയും ഒരു വിഷയത്തെ സംബന്ധിച്ച് സാധ്യമാകില്ല അതുകൊണ്ട് അറിവില്ലായ്മ എന്ന് പറയുന്നത് അഭാവമല്ല അഭാവ വിലക്ഷണമായ ഒന്നാണെന്ന് അർത്ഥാപത്യ പ്രമാണത്തിലൂടെ സമർത്ഥിക്കുകയാണ് അങ്ങനെ അല്ലാതെ ശരിയാകത്തില്ല എന്നാണ് വിവരണാചാര്യന്റെ തർക്കം ഇത് കേട്ടപ്പോൾ ശരിയെന്ന് തോന്നുന്നു തെറ്റെന്ന് തോന്നുന്നു ശരിന്ന് തോന്നു ഏറ്റാണ്ട് ഏത്ഥാപത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കേണ്ടത് ശരിയെന്നോ തെറ്റെന്നോ ഉള്ളതിനാധാന്യം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതാണ് പ്രാധാന്യം ശരിയോ തെറ്റോന്നുള്ള പിന്നീട് ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിവരണാചാര്യൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം അത് മനസ്സിലായാൽ പിന്നെ മുമ്പോട്ട് സിദ്ധാന്ത ഭാഗത്ത് വരുമ്പം അത് കൂടുതലും അവിടെ ചർച്ച ചെയ്യും ഇപ്പം സാധാരണ ഇങ്ങനെ വരുന്നിടത്ത് ഇവിടെ പൂർവ്വക്ഷിക്ക് പറയാമെന്നുള്ളത് താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അത്യന്ത സുഷുപ്തേ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ താങ്കൾ പറഞ്ഞ ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഒന്നും മനസ്സിലാക്കാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒന്നും മനസ്സിലായില്ലെങ്കിൽ യാതൊന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ അയാൾ എന്ത് ശബ്ദം പ്രയോഗിക്കും ആ വിഷയത്തെ സംബന്ധിച്ചൊരു ശബ്ദം പ്രയോഗിക്കാൻ പറ്റത്തില്ലോ ഇതിപ്പോൾ എന്താണോ ഒരാൾ ഒരു വിഷയത്തെ ഗ്രഹിക്കുന്നു എന്നിട്ട് അയാൾ ആ വിഷയത്തെ സംബന്ധിച്ചൊരു ശബ്ദത്തെ പ്രയോഗിക്കുന്നു അതൊരു ഭാഗം ശബ്ദവും നിത്യ ശബ്ദത്വ എന്ന് പറയുന്നൊരാശയം ഒരാൾ ഗ്രഹിച്ചിരിക്കുന്നു അതിനെ മറ്റൊരാളിലേക്ക് ആ അറിവ് വേണ്ടിയാണ് അയാൾ പറയുന്നത് എന്താണ് ശബ്ദം ശബ്ദോ നിത്യ ശബ്ദത്വ അപ്പോൾ ഒരു വ്യക്തിയിൽ എന്തുകൊണ്ട് അറിവുമുണ്ട് ശബ്ദമുണ്ട് കേൾക്കുന്ന ആളെന്ത് ചെയ്യുന്നു അയാൾ കേട്ടു ഈ ശബ്ദം ശബ്ദമോന്നിത്യ ശബ്ദത്വ അപ്പൊ അയാൾ പിന്നെ അറിവുണ്ടായി ശബ്ദം കേട്ട് ശബ്ദത്തിനൊന്നായൊക്കെ അറിവ് ഉണ്ടായി ഈ അറിവിനെ സംബന്ധിച്ചാണ് ആൾ പറയുന്നത് എന്താണ് തൊതുത്തമർത്ഥം ന ജാനാമി എന്ന് പറയുന്ന ഇതെന്താണ് ഈ ശബ്ദപ്രയോഗം മറ്റയാള് പറഞ്ഞ ശബ്ദം കേട്ടപ്പോ അയാളുടെ ഉള്ളിലുണ്ടായ എന്തോ അതിനെ വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഒരാളുടെ അറിവ് അയാളുടെ ശബ്ദം അത് മറ്റൊരാൾ കേൾക്കുന്നു ശബ്ദശ്രവണം അയാൾക്ക് അറിവുണ്ടായി പിന്നെയാണ് എന്തു അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് എന്തു പറയുന്നത് ത്വദത്തമർത്ഥം എന്ന ജാനാമിന്തു വാക്കൾ പ്രയോഗിക്കുന്നു ഇത്രയും കാര്യങ്ങളവിടെ നടന്നു അപ്പോ ആ വാക്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്ത് കാര്യമാണ് നടന്നത് അതാണ് ആ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ ഉള്ളിൽ നടന്നത് ആ വിഷയത്തെ കുറിച്ചുള്ള എന്നാൽ അറിവില്ലായ്മയുണ്ട് ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്താണ് അത് ഘടാഭാവം പോലെ അഭാവമല്ല ഭാവവിലക്ഷണമായ അജ്ഞാനമാണ് എന്നാണ് പറയുന്നത് കാരണം ഭാവരൂപ അജ്ഞാനമെന്ന് ചോദിച്ചാൽ എന്താ ഈ ഭാവരൂപജ്ഞാനം എന്ന് ചോദിക്കും കാരണം അത് ചോദിക്കാൻ കാരണം പദാർത്ഥങ്ങൾ സപ്തപദാർത്ഥങ്ങളിൽ ആറെണ്ണമാണ് ഭാവം അതിലജ്ഞാനം ഉണ്ടോ ഇല്ല അപ്പം പിന്നെ ഭാവരൂപ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തു പറയും അല്ല അഭാവമല്ലാന്നേ പറയാൻ പറ്റും ോട് പറയുമ്പോൾ അഭാവ വിലക്ഷണം എന്നാൽ ഭാവപദാർത്ഥം എന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് സപ്തപദാർത്ഥങ്ങളിലൊരു ഭാവരൂപാജ്ഞാനാവില്ല അതുകൊണ്ടെങ്ങും തൊടാതെ ഉള്ളൊരു മറുപടിയെ പറയാൻ പറ്റൂ എങ്ങനെയാത ഭാവില ഇങ്ങനെ പറയുമ്പോ ഒരാൾ തൻ്റെ തന്നെ വാക്യത്തെ വിശകലന ഇത് പറയുമ്പോൾ ഇതിന് ഒരു മറുപടി ഇങ്ങനെ പറയാം എന്താണ് തൊതുപ്തമർത്ഥം ജാനാമി എന്ന് പറഞ്ഞ അതിന്റെ താല്പര്യം ആ പറഞ്ഞ കാര്യത്തെ പൂർണമായും മനസ്സിലാക്കി കുറച്ചു കാര്യങ്ങൾ എന്തോ മനസ്സിലായി ഇനി കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഉണ്ട് എന്ന് ഇതിനർത്ഥം പറയാം എന്നുവച്ചാൽ സാമാന്യമായി അറിഞ്ഞ് വിശേഷരൂപത്തിൽ അറിഞ്ഞില്ല അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത് തൊതുധം അർത്ഥം ന ജാനാം എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ അത് അഭാവരൂപ പിന്നെയോ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരാൾ നമ്മളോട് കാര്യം പറയുമ്പോൾ നമുക്കത് പൂർണമായും പിടികെട്ടിയില്ലെങ്കിൽ നമ്മൾ പറയും അത് എനിക്ക് മനസ്സിലായല്ല അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയും എന്നുവെച്ചാൽ അറിഞ്ഞില്ല എൻ്റെ അർത്ഥം എന്താണോ കുറച്ചറിഞ്ഞ് ഇനി ബാക്കി അറിയാൻ ഉണ്ട് അപ്പം അവിടെ കുറച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ അറിവുണ്ട് ഇനി കുറച്ചറിയാൻ ഉണ്ടെന്ന് പറഞ്ഞ് അറിവില്ലായ്മയുണ്ട് ഇങ്ങനെ സ്വീകരിക്കുന്നതല്ലേ നല്ലത് അവിടെ പിന്നെ എന്തിനാ ഒരു അഭാവവിലായോന്നിനെ സ്വീകരിക്കുന്നത് എന്നൊരു ചോദ്യം വരാം അതിന് സമാനമാണ് അടുത്ത് പറയുന്നത് അംശേ അപഗതത്വമീതി വ്യവഹാരം അനവഗത പ്രശ്ന അനുപത്തെ ഇതൊരു സാമാന്യമായ അറിവും വിശേഷ അറിവിൻ്റെ അഭാവവും അല്ല ഇത് എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യം കേട്ടയാളിന് മനസ്സിലായെങ്കിൽ പറയും മനസ്സിലായെങ്കിൽ അയാൾക്ക് ന ജാനാമി എന്ന് പറയാൻ പറ്റില്ല എന്നാ മനസ്സിലായ കാര്യം തനിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ ന ജാനാമി എന്ന് അങ്ങനെ പറയും നിങ്ങളെ സാമാന്യമായി അറിഞ്ഞു എന്നല്ലേ സാമാന്യമായി അറിഞ്ഞെന്ന് വെച്ചാൽ അത് അറിഞ്ഞു എന്നർത്ഥം അറിഞ്ഞാൽ ജാനാമി എന്ന് പറയാൻ കഴിയില്ല ഇനി നിങ്ങൾ പറയുന്ന വിശേഷമായി അറിഞ്ഞില്ലെന്നാണ് വിശേഷമായി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലെന്നാണല്ലോ അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ തൊതുത്തം അർത്ഥം എന്ന് ചോദിക്കുന്നെങ്ങനെ അതിലൊരു ചോദ്യം നീ പറഞ്ഞ വിഷയം ആ വിഷയത്തെ സംബന്ധിച്ചാണ് ചോദിക്കുന്നു അപ്പൊ നീ പറഞ്ഞ വിഷയം എന്ന് എടുത്തു ചോദിക്കണമെങ്കിൽ എന്ത് വേണം വിഷയത്തെ കുറിച്ച് അറിഞ്ഞാലേ പറ്റൂ അപ്പോ സാമാന്യമായി അറിഞ്ഞു വിശേഷമായി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും ഫലത്തിൽ അറിഞ്ഞു അറിഞ്ഞില്ല എന്നാണ് അതിന്റെ അർത്ഥം അറിഞ്ഞു അറിഞ്ഞില്ല അപ്പോ അറിഞ്ഞു എങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല അറിഞ്ഞില്ല എന്നാണെങ്കിൽ തൊതുപ്തമർത്ഥം നീ പറഞ്ഞ വിഷയം എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ പറ്റത്തില്ല അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇത് അങ്ങനെ സാമാന്യമായ ഒരു അറിവും വിശേഷമായ ഒരു അറിവില്ലായ്മയും അല്ല ഇതിൽ നിന്ന് ഭിന്നമായ ഒന്നാണ് അറിവും അറിവില്ലായ്മയും അല്ല എന്നാണ് അതാണ് അവഗത അംശേ റിഞ്ഞ വിഷയത്തിൽ അപഗതത്വദേവ അറിഞ്ഞതുകൊണ്ട് തന്നെ വ്യവഹാരം ന ജാനാമി എന്ന് പറയുന്ന വ്യവഹാരം സംഭവിക്കില്ല അനവഗത അംശ അറിയാത്ത ഭാഗം അറിയാത്ത ഭാഗം ഏതാണ് അർത്ഥം എന്ന് പറയുന്ന കാര്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അനവഗതത്വദേവ അറിയാത്തത് കൊണ്ട് തന്നെ പ്രശ്നാനുപത്യഹേ തൊതുക്തം അർത്ഥമെന്ന ഒരു പ്രശ്നവിടെ അനുപത്യഹേ അയുക്തമാണോ ഇതിയുക്തം അങ്ങനെ സ്വീകരിക്കുന്ന ഇത്രയും പറയുമ്പോ ഇത്രയും കൊണ്ട് എന്ത് ശ്രദ്ധിച്ചോ ഇവിടെ അഭാവലക്ഷണമായ അജ്ഞാനത്തെ ശ്രദ്ധിച്ചു അപ്പൊ ഇവിടെ താർക്കികം പറയുകയാണെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്തുകൊണ്ട് ം അർത്ഥം പ്രമാണതോന്ന ജാനാമിത്യവം പരതയ അപ്പി വ്യവഹാരം ഏറ്റവും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാമാന്യമായ അറിവും വിശേഷമായ അറിവില്ലായ്മ എന്നുള്ളതിനെ നിഷേധിക്കാൻ പറഞ്ഞത് അത് നേരത്തെ പറഞ്ഞല്ലോ ഈ ഇത് പറയുന്ന ഇതിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടി സാമാന്യമായ അറിവുണ്ട് വിശേഷമായ അറിവില്ല എന്നുള്ളതിനെ ഖണ്ഡിക്കാൻ സാമാന്യമായ അറിവുണ്ടെങ്കിൽ അറിവില്ല അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല ഇനി വിശേഷമായ അറിവില്ലെങ്കിൽ അറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആ ഭാഗത്തെ ഖണ്ക്കാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ ഒരു പൂർവ്വപക്ഷത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു പിന്നെ അഭാവവിലത്തെ സ്വീകരിക്കുന്ന വ്യക്തി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു വീണ്ടും പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ അത് അഭാവവിലായ ഒരു അജ്ഞാനത്തിന് പ്രമാണമല്ല അർത്ഥാപത്തിയിലൂടെയാണ് അത് സിദ്ധിച്ചത് അത് എന്താണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത് സാമാന്യമായ അറിവുണ്ട് വിശേഷമായ അറിവില്ല എന്നുള്ളതിന് പ്രമാണമാണ് എന്നാണ് അതിനെ നിഷേധിച്ചു അങ്ങനെ സാമാന്യ വിശേഷ ഇടപാടൊന്നും അല്ല ഏത് ഒരു പൂർവ്വം ആരോ ഒരാളൊരു പൂർവക്ഷം ഇങ്ങനെ പറഞ്ഞു തർക്കികൻ ഇനി പറയുന്നത് തന്റെ അഭിപ്രായം എന്ത് അതാണ് ശരിയെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞല്ലേ എന്താണ് അവഗതയംശേ അവഗതത്വ ന ജാനാമീതി വ്യവഹാരം ന ജാനാമി എന്ന് പറയുന്ന വ്യവഹാരത്തിൽ ഇങ്ങനെ ഒരു സമാധാനം പറയാം പിന്നെ വ്യവഹാര അയോഗ എന്നുള്ളത് യുക്തമാണ് അനവഗതംശയിച്ച അനവഗതത്വാതവ പ്രശ്ന അനുഭവത്തെഴുതി യുക്തം എന്നുവെച്ചാൽ അവിടെ സാമാന്യ വിശേഷം കൊണ്ടല്ല വേറെ സമാനം പറയും സിദ്ധാന്തി പൂർവക്ഷി എന്താ പറയുന്നത് നിങ്ങളീ പറയുന്നതുപോലെ അഭാവലക്ഷണമായ ഒരു അജ്ഞാനായതുകൊണ്ട് സിദ്ധിക്കത്തില്ല ഇവിടെ വാസ്തുവത്തിൽ സംഭവിച്ചത് സാമാന്യമായി അറിഞ്ഞു വിശേഷമായി അറിഞ്ഞില്ല അത് ശരിയല്ല സാമാന്യമായി അറിഞ്ഞെങ്കിൽ അവിടെ അറിഞ്ഞില്ല എന്നുള്ളത് ഉണ്ടാകത്തില്ല വിശേഷമായി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് യുക്തം നിങ്ങള് പറയുന്നത് പോലെ അല്ല ഞങ്ങൾ പറയുന്നതാണ് യുക്തം എന്ന് പറയുന്നു അനുഭവത്തെ അറിയാത്ത വിഷയത്തിൽ അറിയാത്തത് കൊണ്ട് തന്നെ തൊതുക്തമെന്നൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ശരി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അതുകൊണ്ട് നിങ്ങൾ പറയുന്നതുപോലെ വിശേഷമായ അറിവിന് വേണ്ടി അറിവ് ഉണ്ടാകാത്തതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ആ സാമാന്യമായി അറിയുന്നു വിശേഷമായി അറിയുന്നില്ല എന്നുള്ളതല്ല അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം അറിഞ്ഞെങ്കിൽ അറിയുന്നില്ല എന്ന് വിവരിക്കാൻ പറ്റത്തില്ല എന്ന് കരുതുന്നതാണ് യുക്തം മനസ്സിലായോ പക്ഷെ ഇവിടെ അറിയുന്നില്ല എന്ന് വിവരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ പറയുന്നതല്ല സാമാന്യമായി അറിഞ്ഞിട്ട് വിശേഷമായി അറിയുന്നില്ല എന്നുള്ളതല്ല നിങ്ങൾ പറഞ്ഞിവിടെ നിൽക്കില്ല അപ്പോ എന്താ പറയുന്നത് റിഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് അവിടെ അറിയുന്നില്ല എന്ന് തന്നെ എൻ്റെ അർത്ഥം അറിഞ്ഞെങ്കിലങ്ങനെ പറയാൻ പറ്റില്ല ഇത് പറയുന്നുണ്ടല്ലോ അപ്പോൾ അറിഞ്ഞില്ല അറിവില്ലായ്മ എന്തെന്ന് പരിശോധിച്ചാൽ മതി അറിവില്ലായ്മ അംഗീകരിക്കുന്നുണ്ട് പിന്നെ ഏ അദ്വൈതിയുടെ പൂർവോക്ഷം അദ്വൈതി പറയുന്നതിന് പൂർവോക്ഷം സാമാന്യ വിശേഷമായ സാമാന്യമായ അറിയുന്നു വിശേഷമായി അറിയുന്നില്ല ഇന്ന പൂർവോക്ഷം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ അല്ല അറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങള് പറയുന്ന സാമാന്യമായി അറിയുന്നു വിശേഷമായി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല ഇതാണ് അപ്പോ താർഹികം പറയുന്നു അർത്ഥം പ്രമാണതോ ന ജാനാമിത്യവും പരതയ അഭിവ്യവഹാരത്തെ നിങ്ങൾ പറയുന്ന അന്യഥാനുഭവത്തി ശരിയല്ല അദ്വൈതി പറയുന്നത് അവിടെ ഒരു ജ്ഞാനാഭാവം വരാൻ വഴിയില്ല അതുകൊണ്ട് ജ്ഞാനാഭാവ അനുപന്നത്വാ അഭാവവിലണം അജ്ഞാനം എന്നല്ലേ പറയുന്നു ജ്ഞാനാഭാവം അനുപന്നമായതുകൊണ്ടാണ് അർത്ഥാവത്തി എന്ന് പറയുന്നത് ജ്ഞാനാഭാവം അനുപന്നമായതുകൊണ്ട് അഭാവവിലക്ഷണമായ അജ്ഞാനത്തെ സ്വീകരിക്കുന്നു ഭാവം അവിടെ സംഭവിക്കാത്തത് ഞാനുള്ളതുകൊണ്ട് എന്തുകൊണ്ട് ജ്ഞാനാഭാവമായി സ്വീകരിച്ചുകൂടെ ഞാനുള്ളടത്ത് ഞാനാഭാവം ഇരിക്കത്തില്ല അപ്പൊ അതിനകത്ത് ആർക്കും പറയുന്നത് ഇതൊന്നും അല്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്താണോ ഈ മാസം പറഞ്ഞു ശബ്ദോ നിത്യ ശബ്ദത്വ അപ്പൊ പറഞ്ഞു പറഞ്ഞത് കേട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷെ ഞങ്ങൾ എന്താ പറയുന്നത് എന്ന ജാനാമി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ കാര്യം പ്രമാണത്വേനറിഞ്ഞില്ലെന്നാണ് പ്രമാണം കൊണ്ടറിഞ്ഞില്ലന്നാണ് വെറുതെ പറഞ്ഞാൽ മതിയെ ശബ്ദം നിത്യമാണെന്ന് അങ്ങനെ പ്രമാണം വേണ്ടേ ശബ്ദം നിത്യ ശബ്ദത്വ എന്ന് പറഞ്ഞാൽ പ്രമാണം കൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഇനി നിങ്ങൾ പറയുന്നത് ഒരു പ്രമാണമാണെന്നിരിക്കട്ടെ ശബ്ദം നിത്യ ശബ്ദത്വ എന്നെയും തന്നെയും യഥാകഠ എന്ന് പറയുകയാണെങ്കിൽ ഈ അനുമാനം പ്രമാണമല്ല ഈ അനുമാനത്തിൽ അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം ശരി ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ അതിന് പ്രമാണമില്ല പ്രമാണം കൊണ്ട് അതിനെ അറിഞ്ഞില്ല നിങ്ങൾ പ്രയോഗിച്ച സംഭവം എന്താണോ അത് പ്രമാണം അല്ല അപ്പൊ ഇതിന്റെ തൊതുക്കം അർത്ഥം ഞാൻ ജാനാമി എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞത് ശരിയാണ് എനിക്ക് അറിവില്ല പിന്നെന്താണത് പ്രമാണത്വേദ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് നീ പറഞ്ഞ പൂർണമായും അറിഞ്ഞില്ലെന്നല്ല നീ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അറിവുണ്ടല്ലോ അവിടെ അല്ലേ അതുണ്ടായി പക്ഷേ പ്രമാണം കൊണ്ടുള്ള അറിവുണ്ടായി അത് സംഗതി വേറെയാണ് എന്നുവെച്ചാൽ എനിക്കൊരു ജ്ഞാനമുണ്ടായി അത് പ്രമാണം കൊണ്ടുള്ള ജ്ഞാനമല്ല മറ്റൊരു ജ്ഞാനമാണ് ഉണ്ടായത് നിന്റെ വാക്യത്തിൽ നിന്നൊരറിവ് ഉണ്ടായി അപ്പൊ ഒരറിവ് അവിടെ ഉണ്ട് പിന്നെ ഇനി പ്രമാണം കൊണ്ടുള്ള അറിവ് ഉണ്ടായില്ല അപ്പൊ ഇവിടെ വിരോധം വരുന്നില്ല എന്നുവെച്ചാൽ ഈ ഘടക ഇവിടെ ഇരിക്കുന്നു ഈ ഘടകത്തിന്റെ അഭാവം ഇവിടെ ഇല്ല വേറൊരു ഘടത്തിൻ്റെ അഭാവം ഒന്നൂടി രണ്ടു തമ്മിൽ ഈ ഘടകം ഇരിക്കുന്നിടത്ത് അന്യഘടത്തിന്റെ അഭാവം വന്നാൽ വിരോധമില്ല ഈ ഘടത്തിൻ്റെ അഭാവം വന്നാലേ വിരോധം പറയാൻ പറ്റും അപ്പം ഇവിടെ ഒരു ജ്ഞാനം ഉണ്ടായി പക്ഷെ പ്രമാണം കൊണ്ടുള്ള ജ്ഞാനത്തിൻ്റെ അഭാവവും ഉണ്ടപ്പോ ഒരു ഞാനവും വേറെ ജ്ഞാനത്തിന്റെ അഭാവവും ഏഹ് ഈ വാക്യത്തിൽ നിന്നുണ്ടായി അപ്രാമാണികമായ ഞാനും ഉണ്ടായി ഏഹ് സംശയമോ ഭ്രമമോ ആ വിഭാഗത്തിൽപ്പെടും പ്രാമാണികമായ ഞാനും പ്രമുണ്ടായില്ല അപ്പോ ഒരു ഞാനും ഇരിക്കെ വേറൊരു ജ്ഞാനത്തിന്റെ അഭാവം ഉണ്ടാകാം ഇപ്പൊ സാധാരണ രീതിയിൽ തന്നെ ഇപ്പൊ ഒരാളൊരു കാര്യം പറയും അപ്പോ അത് പറയുമ്പോൾ നമുക്ക് ആ പറയുന്ന കാര്യത്തെ കുറിച്ച് പൂർണമായ അറിവുണ്ടാവും പൂർണമായ അറിവ് ഒരിക്കലും ഉണ്ടാകത്തില്ല കുറച്ചറിയും കുറച്ചറിയാതിരിക്കും സംശയം വരാം ഭ്രമം വരാം ഇതെല്ലാം വരാം ഏഹ് പൂർണമായ ഞാനും ആർക്കും ഒരു വിഷയത്തിലും ഉണ്ടാവത്തില്ല തത്വമസിന്ന് പറയുന്ന തത്വം പൂർണ്ണമാണ് മനസ്സിലായോ തത്വമസിന്ന് പറയുന്നിടത്ത് പൂർണ്ണത ഒന്നിനേ ഉള്ളു ഏതിനാ ഏതിനാണ് തത്വത്തിന് മാത്രം തത്വം ഒഴികെ ബാക്കിയുള്ള എല്ലാം അപൂർണമാണ് ഏ നമുക്കിപ്പോ തത്വമസിന്ന് പറയുന്നിടത്ത് പൂർണതം എന്ന് പറയുന്ന ഇവിടെ തത്വത്തിലാണ് പിന്നെ നമ്മുടെ ജ്ഞാനം പൂർണ്ണം എന്ന് പറയുന്നത് തത്വത്തിന്റെ പൂർണ്ണതയെ ആരോപിച്ചിട്ട് പറയുകയാണ് അല്ല ആരോപിതമായ ഒന്നിലും സ്വയം പൂർണ്ണതയുണ്ട ഇല്ല അത് വേറൊരു വിഷയമാണ് അതീ നമ്മൾ പറയുന്നതായിട്ട് ബന്ധമില്ല നമ്മൾ ഏതൊരു വിഷയത്തെ അറിഞ്ഞാലും നമുക്ക് പൂർണ്ണ ജ്ഞാനം ഉണ്ടാകത്തില്ല ഉണ്ടാവും ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം എൻ്റെ ഇരിക്കുന്ന വസ്തു എന്തിരി അടുത്ത ഉണ്ടായി ഇതിനെക്കുറിച്ച് എനിക്ക് ഞാനും ഉണ്ടായി പ്രത്യേകിച്ച് ഞാൻ പൂർണ്ണമാണ് ഒരിക്കലും പൂർണ്ണമായി ഉണ്ടാകത്തിട്ട് പല കാര്യങ്ങളും ഒന്ന് ത്രീ ഡൈമെൻഷണൽ വ്യൂ ആണ് എനിക്കിതിൻ്റെ പല പല കാരണങ്ങളും ഉണ്ടും നമുക്കൊരു വിഷയത്തെക്കുറിച്ചും പൂർണ്ണം ഞാൻ ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കൊരു ഞാനുണ്ടാകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംശയമില്ലെങ്കിൽ ഭ്രാന്തി ഇല്ലെങ്കിൽ നമ്മൾ പറയുക എന്താണത് പൂർണമാണെന്ന് പറയുന്നു പ്രമാന്ന് പറഞ്ഞാലും പൂർണ്ണം എന്നർത്ഥമുണ്ട് പ്രമേയം ഉണ്ടായത് കൊണ്ട് ഞാനും ആ വിഷയത്തെ സംബന്ധിച്ച് പൂർണ്ണം പൂർണ്ണമെന്ന് പറയുന്നത് നമുക്ക് തത്വത്തിൽ എല്ലാവരത്തും പറയാൻ പറ്റില്ല ആ അതുകൊണ്ടാണ് മനനം വേണ്ടിവരുന്നതും പിന്നെ നമുക്കവിടെ ഉണ്ടാകുന്ന എന്താണോ നിശ്ചയം തത്വമസിന്ന് പറയുന്ന വാക്യാർത്ഥ ജ്ഞാനത്തിൽ നിശ്ചയമാണ് ഉണ്ടാകുന്നത് തത്വം പൂർണ്ണമായതുകൊണ്ട് നമുക്ക് പറയാം എന്താണോ വാക്യാർത്ഥ ജ്ഞാനം പൂർണ്ണമാണെന്ന് പറയാം ഈ പ്രപഞ്ചം മുഴുവൻ പൂർണമാണെന്ന് പറയാം അത് മറ്റൊരു വിഷയമാണ് അപ്പൊ ഒരു അറിവുണ്ടാകുമ്പോ അതിലെപ്പോഴും നമുക്ക് ഏത് വിഷയം എന്തിനെ കുറിച്ച് എന്തുവരുന്നു നമുക്ക് പ്രമേയാണുണ്ടായെങ്കിലും വിഷയത്തെ സംബന്ധിച്ചുള്ള പൂർണതയല്ലാതെ നമുക്കുണ്ടായ അറിവ് എന്നെ സംബന്ധിച്ചെ കുറിച്ച് എനിക്ക് അറിവുണ്ടായി ഇന്ത്യ സന്വേഷം കൊണ്ട് എന്റെ അറിവ് പ്രമേയാണ് പക്ഷെ ഈ വസ്തുവിനെ കുറിച്ച് പൂർണ്ണം ഞാനോയാ രണ്ടും രണ്ടു കാര്യമാണ് ഏ ആ വസ്തുവിനെ കുറിച്ചുള്ള നിശ്ചയാത്മക ഞാനുണ്ടായെന്ന് പറയാം നിശ്ചയം എന്ന് പറയുമ്പം ഇത് വൃത്തിജ്ഞാനമാണ് നമ്മളിതിനെ ഇപ്പം പൂർണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി നശിക്കുന്ന ഒരു വൃത്തി എങ്ങനെയാ പൂർണവും ഞാനൊന്നു വരുന്നൊരു അന്ധക്കർന്ന വൃത്തി മാത്രമാണ് ഉണ്ടായി നശിക്കുകയും ചെയ്യുന്ന പൂർണമെന്ന് പറയാൻ പറ്റും തത്വമാണ് പൂർണ്ണമായിരിക്കുന്നത് ഞാനെപ്പോഴും എന്താണ് പരിഛിന്നമായതിന പൂർണ്ണമെന്ന് പറയാൻ പറ്റില്ല കാല ദേശ വസ്തു പരിച്ഛേദ ശൂന്യമായതിനു പറയാൻ പറ്റും പൂർണമെന്ന് പറയാൻ പറ്റും ഇപ്പൊ സൃഷ്ടിയിലൊന്നും പൂർണ്ണമല്ല അതുപോട്ടെ അത് മറ്റൊരു വിഷയമുണ്ട് അതും ഇതുമായിട്ട് എന്താ ബന്ധം നമ്മൾ വിഷയം വിട്ട് സംസാരിക്കും അതൊക്കെ നമ്മൾ സാധാരണ ഡയലോഗുകൾ പറയും മതപ്രഭാഷണക്ക് കാര്യൊന്നുമില്ല അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് അപ്പോ അങ്ങനെയാണ് അറിവെന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോ തർക്കം പറയുന്നത് നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ പ്രമാണം കൊണ്ട് എനിക്കതിനെ കുറിച്ച് ഞാനും ഉണ്ടായില്ല വേറൊരു ജ്ഞാനമുണ്ട് പ്രമാണജ്ഞാനത്തിന്റെ അഭാവമുണ്ട് രണ്ടും വിരോധമല്ല അതുകൊണ്ട് ഇവിടെയുള്ളത് ഞാൻ ആഭാവമാണോ താർക്ക്യം പറഞ്ഞ ശരിയാണോ എന്ത് താർക്ക്യം പറയുന്നത് ഇങ്ങനെ ഒരു കേൾക്കുമ്പോ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേൾക്കുമ്പോ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിവില്ലായ്മയുണ്ട് എന്തറിവില്ലായ്മയുള്ളത് ക്രമാത്മകമായ അറിവ് ില്ല ഏതറിവുണ്ട് അങ്ങനെ അല്ലാത്ത അറിവുണ്ട് അതിലെന്താ തെറ്റ് ജ്ഞാനാഭാവം എന്ന് പറയുന്നത് പ്രമാത്മകമായ ജ്ഞാനം ഇല്ല പ്രമാണത്തിൽ നിന്ന് ഞാനുണ്ടായാലും എന്തോരോ പ്രമേയുണ്ടാവാത്തുള്ളു എനിക്ക് പ്രമേയില്ല എന്നാ ഞാനുണ്ട് സംശയജ്ഞാനമോ ബ്രഹ്മജ്ഞാനമോ എന്തെങ്കിലും ഞാനുണ്ട് ഇതിൽ തെറ്റുണ്ടായി പറയുന്നതിന് ഏയ് ഉണ്ടായ ജ്ഞാനത്തിന്റെ അഭാവം എന്തിനാ അത് വേണ്ടല്ലോ ഇവിടെ പറയുന്നത് എന്താണ് ജ്ഞാനവും ജ്ഞാനാഭാവവും ഒരുമിച്ചിരിക്കാമോന്നാണ് അതാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് ഈ വസ്തുവും ഇതിന്റെ അഭാവവും ഇവിടെ ഇരിക്കത്തില്ല ഈ വസ്തു വേറൊരു വസ്തുവിന്റെ അഭാവം ഇരിക്കും അപ്പം ഇവിടെ പ്രമാണജ്ഞാനം പ്രമാണജന്യജ്ഞാനം ഇല്ല മറ്റൊരു ജ്ഞാനമുണ്ട് അപ്പൊ ഞാനും ഞാനാഭാവം ഒരാടത്ത് ഇരിക്കുവോ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതാണ് മനസ്സിലാക്കേണ്ടത് ഇരിക്കോ ഏ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ആ വസ്തുവിനെ കുറിച്ചാണ് ഇപ്പം സംശയം വന്നത് ഏഹ് അതാ പറയുന്നത് പ്രമേയുടെ അഭാവം ഉണ്ടെന്ന് അത് സംബന്ധിച്ചു അതായത് നമുക്ക് സംശയം വരുന്നില്ലേ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംശയം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാനിപ്പോ തന്നെ ഇതിനെ സംബന്ധിച്ച് എനിക്ക് സംശയം വന്നത് എന്താണെന്ന് അപ്പൊ എനിക്ക് സംശയം ഞാനുണ്ടോ അതോ പ്രമയാണോ സംശയജ്ഞാനും ഉണ്ട് ഉള്ളിലാണോ പ്രമ ഇല്ല അപ്പൊ ഞാനും ഞാനഭാവം ഇല്ലേ ഒരേ സമയത്ത് തന്നെ സംശയജ്ഞാനുണ്ടെന്ന് ഞാൻ പറയണെങ്കിൽ പ്രമേയുടെ അഭാവം ഉണ്ട് അതിന് തുറക്കം പറയുന്നതിൽ എന്താ കുഴപ്പം ോട്ട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചാൻസ് കിട്ടാത്തില്ല പറയാൻ സംശയം സംശയം എടുക്കുകയാണോ സംശയം ഞാനും സംശയം എന്ന് പറയുന്നത് ഞാനുമാണല്ലോ ഞാനാഭാവം എന്ന് പറയുമ്പോ ഞാനും അല്ല എവിടെയൊക്കെ ഇങ്ങനെ ഒരു ഒന്ന് കേട്ടിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കുന്ന എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതിനർത്ഥം ഞാൻ പറഞ്ഞതിൽ നിന്ന് കൊണ്ടായ ജ്ഞാനം സംശയജ്ഞാനമാണ് പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് പ്രമ അതില്ല അപ്പം ആ വിഷയത്തെ സംബന്ധിച്ച് എന്നിൽ ചോദ്യം ചോദിക്കുന്നയാളിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള എന്താണ് ഞാനുമുണ്ട് ഞാനാവാണ്ടെന്നുള്ളത് ശരിയാണോ താർക്കിയം പറഞ്ഞത് അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ത്വതുവം അർത്ഥം പ്രമാണത്വ ജാനാമിത്യം പരത്തേ ആദി വ്യവഹാരേ ഏത് വ്യവഹാരം ത്വതുവം അർത്ഥം ജാനാമിയിൽ വരുന്ന വ്യവഹാരം ഇങ്ങനെ ശരിയാക്കാം എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ അർത്ഥാപത്തിയിലൂടെ അഭാവ വിലക്ഷണമായ ഒന്നിനെ സ്വീകരിക്കേണ്ട കാര്യം ഇല്ല മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടും മുമ്പോട്ട് പോയാൽ പിന്നെ രക്ഷയിൽ